ഇങ്ങനെയാണോ വായിക്കുന്നത് ഏവിടെ ഒന്നാമത്തെ ലക്ഷണം പറഞ്ഞ എന്താണ് അവിടെ എങ്ങനെയാണ് സമാസം വന്നത് പരമാര സമാസം അവിടെ എന്താ ദോഷം പറഞ്ഞത് പ്രദീപത്തിലധി വ്യാപ്തി എത്രയുള്ളു രണ്ടാമത്തെ ലക്ഷണം എന്താ പറഞ്ഞത് സമേവ പ്രകാശ എന്ന് പറഞ്ഞ എന്താ എന്റെ അർത്ഥം അവിടെ സസ്യ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ സസ്യ എന്ന് പറയുന്നത് എന്തർത്ഥത്തില ഷഷ്ടി ഭക്തി കർമാർത്ഥ സ്വയമേവ പ്രകാശ അവിടെ പ്രകാശ എന്ന് പറയുന്നത് എന്തിനാ പറയുന്നു പ്രകാശ ക്രിയ പ്രകാശം എന്ന് പറഞ്ഞാൽ പ്രകാശനക്രിയ സ്വമെന്ന് പറയുന്നത് കർമ്മം ഏതിന്റെ കർമ്മം ഇപ്പൊ കർത്താവ് ആരാണോ കർത്താവ് ആരാണോ സ്വന്തൻ എന്തുകൊണ്ട് സ്വയമേവ എന്തുകൊണ്ട് സ്വന്തന്നെ കർത്താവായി എന്തുകൊണ്ടാണ് സ്വം കർത്താവായത് ഇവിടെ കർമ്മധാരി ആണോ ഏ എന്തുകൊണ്ട് സ്വന്തം തന്നെ കർത്താവായി കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഏ ആരാണ് പ്രകാശിക്കുന്നത് സ്വം പിന്നെ കർത്താവ് ആരാകും സ്വം പ്രകാശിക്കുന്നവരാ അതാണ് കർത്താവ് പ്രകാശിക്കുന്ന പ്രകാശം തന്നെ കർത്താവ് എന്തുകൊണ്ട് അതാണ് പ്രകാശിക്കുന്നത് പിന്നെ കർമ്മം പിന്നെ സുസ്ഥയുന്നത് ഷഷ്ടിയാണ് അതിനെങ്ങനെ കർമാർത്ഥം കിട്ടി പ്രകാശത്തിന്റെ വിഷയമായിരുന്നു കർമ്മമാകുന്നു അപ്പൊ ഇവിടെ എന്ത് ദോഷം വന്നെന്ന് പറഞ്ഞോ കർമ്മ കർത്തൃഭാവം എന്ന് പറഞ്ഞാ എന്താ കർമ്മ കർത്തൃഭാവം എന്ന് പറഞ്ഞാൽ എന്താ കർത്താവും ഒന്നിന് എന്തോണ്ട് വരാ വന്നാ എന്താ കൊഴപ്പം കർത്താവും കർമ്മവും ഒന്നിനു വന്നാ എന്താ കൊഴപ്പം ഒന്നിന് വന്നോട്ട് എന്താ കർത്താവും കർമ്മവും ഒന്നിന് വന്നോണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം വന്നോ ഏ ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം വന്നോ എന്താ കൊഴപ്പം എന്താണ് പരസംവേതക്രിയാജന്യ ഫലശാലി കർമ്മം എന്ന് പറയുന്നതാണ് കർമ്മത്തിന്റെ ലക്ഷണം ആ ലക്ഷണം അനുസരിച്ച് എന്താണോ കർത്താവും കർമ്മവും ഭിന്നമായിരിക്കും ആ ലക്ഷണമനുസരിച്ച് കർമ്മത്തിന്റെ ലക്ഷണം പറഞ്ഞപ്പോൾ പരസംവീത പരമെന്ന് പറയുന്നുണ്ട് എന്തിനെടുക്കും പരം എന്ന് പറയുന്നത് എന്തിനെടുക്കും പരമന്നുള്ള കർത്താവ് പരസമേതക്രിയാജന്യ ഫലം എന്തായിരിക്കും ഫലം എന്തായിരിക്കും കർമ്മണോ ഫലം പ്രകാശമാണോ ഫലം ഫലം എന്തായിരിക്കും പ്രകാശോ പരസംവേദക്രിയാജന്യ ഫലം എന്തായിരിക്കും കർമ്മമാണോ ബലം ഉം അപ്പൊ ബലം എന്തായിരിക്കും കർമ്മത്തിൽ എന്താണോ സംഭവിക്കുന്നത് കർത്താവിലുള്ള ക്രിയ കൊണ്ട് കർമ്മത്തിൽ എന്ത് സംഭവിക്കുന്ന അതായിരിക്കും ബലം കർത്താവിനും നടക്കുന്ന ക്രിയ ഉണ്ട് കർമ്മത്തിൽ എന്താണോ സംഭവിക്കുന്നതാണ് ഫലം ഇവിടെ കർത്താവായി ദേവദത്തൻ കർത്താവിനുള്ള ക്രിയായി എന്തോന്നോ യമനക്രിയ ആ ക്രിയ കൊണ്ട് കർമ്മത്തിൽ സംഭവിക്കുന്നു കർമ്മം എന്താണ് അവിടെ എന്താ സംഭവിച്ചത് സംയോഗം അതാണ് ഫലം തൻ ആ ഫലമുള്ളവൻ ആരോ അതാണ് കർമ്മം ഇവിടെ ഫലമുള്ള ആരാണ് രാമഹ ഗ്രാമം ഗച്ഛതി എന്ന് പറയുന്നിടത്താരാണോ ഫലമുള്ള ആരാണോ ഗ്രാമം ഇവ രണ്ടിലുണ്ടായാലേ പറ്റി ലക്ഷണത്തിനനുസരിച്ച് ഈ ലക്ഷണത്തിനനുസരിച്ച് രണ്ടിലുണ്ടായാലേ പറ്റും പക്ഷെ ഇവിടെ ഇപ്പോൾ എന്താണ് സസ്യ സ്വയമേവ പ്രകാശ എന്ന് പറഞ്ഞിടത്ത് സസ്യ എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ വിഷയമായതുകൊണ്ട് അത് കർമ്മമായി അപ്പോൾ അവിടുത്തെ ഷഷ്ടി കർമ്മത്തെ ബോധിപ്പിക്കുന്നു ഷഷ്ടി കർമ്മണി ഷഷ്ടി വേണമെന്നില്ല സംബന്ധാർത്ഥത്തിന് ഷഷ്ടി വരാം ഏതാണ് സൂത്രം ശേഷ ഷഷ്ടി പ്രകാരം സംബന്ധാർത്ഥത്തിന് ഷഷ്ടി വരാം ഷഷ്ടി വന്നുകഴിഞ്ഞാൽ എന്താ സംബന്ധം എന്ന് ചോദിക്കും സസ്യ സ്വയമേവ പ്രകാശ പ്രകാശമായിട്ട് എന്താ എന്ത് സംബന്ധത്തെ കാണിക്കുന്നത് എന്തെയും വിഷയത്തും വിഷയം എന്ന് കർമ്മമായി അതുകൊണ്ടാണ് ഷഷ്ടിയുടെ അടുത്തവിടെ കർമ്മം എന്ന് പറയുന്നത് കർമ്മണി ഷഷ്ടി എന്ന് പറയുന്നത് പേര് കർമ്മ ഷഷ്ടി എന്ന് പറയുന്നത് എന്താണ് ഏത് സൂത്രപ്രകാരം വരുന്നതാണ് കർത്തർ കർമ്മണോഹോ കൃതി കൃതന്ധത്തിന്റെ യോഗത്തിൽ കർമ്മത്തിന് വരുന്ന ഷഷ്ടിയാണ് ഇവിടെ സസ്യ എന്ന് പറയുന്ന വിഷയമായതുകൊണ്ട് പ്രകാശ എന്ന് പറയുന്ന പ്രകാശക്രിയ ആയതുകൊണ്ട് സ്വമിൻ്റെ വിഷയത്വം വന്നത് കൊണ്ട് അത് കർമ്മമായി അതുകൊണ്ട് ഇവിടുത്തെ സൃഷ്ടി എന്ന് പറയുന്നത് കർമ്മത്തെയാണ് കാണിക്കുന്നത് പ്രകാശ എന്ന് പറയുന്ന കരിയ പ്രകാശിക്കുന്നു സ്വം തന്നെ അതുകൊണ്ട് പറഞ്ഞു സ്വയം ഏവാ സ്വസ്യ അത് സ്വമായി സ്വയമേവ അവിടെ സ്വമായി ഇപ്പം കർത്താവും കർമ്മവും അത് കർത്താവും കർമ്മവും കൂടെ ഒന്നാക്കുന്നത് ആ ശബ്ദത്തിനെ വ്യാഖ്യാനിച്ച് സ്വസ്യ സ്വയമേവ എന്ന് പറയുന്ന ശബ്ദത്തിനെ വ്യാഖ്യാനിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവും കർമ്മവും ഒന്നാകും എന്ന് പറയുന്നത് അത് സംഭവിക്കാൻ പാടില്ല നിങ്ങളീ പറയുന്നതനുസരിച്ചത് സംഭവിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലക്ഷണം ശരിയല്ല ഒന്നിൽ തന്നെ ഭർത്താവിനെ കർമ്മം ഒന്നും വിളിച്ചു ലക്ഷണമേ ശരിയല്ല ഇപ്പം ലക്ഷണം ശരിയല്ലെങ്കിൽ ലക്ഷണം ലക്ഷ്യത്തിൽ സമന്വയിക്കും അസംഭവദോഷമായി അത് വ്യക്തമായും മനസ്സിലാക്കണം വ്യക്തമായി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ എപ്പോഴാണ് വ്യക്തമായി മനസ്സിലാകുന്നു എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാലോ നമുക്ക് മനസ്സിലായി എന്ന് തോന്നിയാലും വീണ്ടും ചിന്തിക്കുമ്പോഴാണ് വ്യക്തമായി മനസ്സിലാവുന്നത് നമുക്ക് തോന്നും മനസിലായാലോ ഇത് ശരിയായി മനസ്സിലായെന്ന് തോന്നിയാലും വീണ്ടും എന്തു ചെയ്യണം ചിന്തിക്കണം അപ്പൊ വ്യക്തമായി മനസ്സിലാവും അപ്പൊ വീണ്ടും മനസ്സിലായെന്ന് തന്നെ തോന്നും അപ്പം വീണ്ടും ചിന്തിക്കണം വീണ്ടും തോന്നും മനസ്സിലായെന്ന് വീണ്ടും ചിന്തിക്കണം അപ്പോഴേ വ്യക്തത വരത്തുള്ളു കേട്ടില്ല ഏ അതങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവിടെ കർമ്മമെന്നും ക്രിയ എന്നും പറഞ്ഞതുകൊണ്ട് ഒന്നിനെ ക്രിയയും അതിനെ തന്നെ ഒന്നിനെ കർമ്മവും അതിനെ തന്നെ കർത്താവുമാക്കിയതുകൊണ്ട് എങ്ങനെയാക്കി ശബ്ദത്തിലൂടെ സുസ് സ്വയമേവ പ്രകാശം എന്ന് പറഞ്ഞതിലൂടെ ഒന്നിനെ തന്നെ എന്താക്കി കർത്താവുമാക്കി അതിനെ തന്നെ കർമ്മമാക്കി നിങ്ങൾ പറഞ്ഞങ്ങനെ ആക്കിയതാണ് നിങ്ങള് ലക്ഷണം പറഞ്ഞപ്പോ അങ്ങനെ ആയിപ്പോയി എന്ത് വരുന്നുള്ളതല്ലേ അത് സസ്യ സ്വമ്യ പ്രകാശം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പ്രകാശത്തിന്റെ കർത്താവായി സ്വായെ പറഞ്ഞു അതിന്റെ കർമ്മമായിട്ട് സ്വായെ പറഞ്ഞു ശബ്ദത്തിലൂടെ പറഞ്ഞു ഫലം കർമ്മത്തിൽ അങ്ങനെ ഏ അതിന്റെ ഫലം കർമ്മത്തിൽ അല്ല വിഷയം ഇവിടെ എന്താണ് സ്വം കർമ്മമാവുന്നത് പ്രകാശത്തിന്റെ വിഷയമായിരുന്നു വിഷയം കർമ്മമാണ് അത് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചതല്ലേ ജ്ഞാനത്തിന്റെ വിഷയം എന്ന് പറയുന്നത് എന്താണോ ജ്ഞാനത്തിന്റെ കർമ്മമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് അതൊരു വിഷയത്തുമെന്ന് അത് കർമ്മമായി പിന്നെ പ്രകാശിക്കണമെങ്കിൽ കർത്താവ് വീണോ അതും സ്വമം എന്ന് പറഞ്ഞു സ്വയമേവാന്നു പറഞ്ഞു അപ്പോൾ ഇവിടെ എന്താ ദോഷം വരുന്നത് ഈ ലക്ഷണത്തിൽ അസംഭവം ഏകശഭവത്വം ഏകശഭം എന്ന് പറഞ്ഞാൽ അങ്ങനെ ലക്ഷണവും അസംഭവമാണ് അങ്ങനെ ഒരു സംഭവിക്കത്തേയില്ല കൊണ്ട് ശരിയാവത്തില്ല അടുത്ത ഒരു നേതാണ് സജാതീയ പ്രകാശ അപ്രകാശ്യത്വം പ്രകാശ്യം എന്ന് പറഞ്ഞ എന്താർത്ഥം ആ പ്രകാശയോഗ്യം പ്രകാശ വിഷയം കാസ്രദീപ്തു എന്ന് പറയുന്ന ധാതുവിനേത് പ്രത്യേകം വന്നോ കാശ്യം വരണം നിങ്ങൾ പഠിച്ചതാണ് പഠിച്ചുകൊണ്ടാ യോഗിക്കുന്നില്ലെങ്കിൽ ഞാൻ ആ കാര്യം മിണ്ടത്തേലായിരുന്നു കാശ്യം പൂർവത്വം പ്രകാശാർഹം പ്രകാശയോഗ്യം എന്നൊക്കെ പറയുന്നു അപ്പോ ഇവിടത്തെ ലക്ഷ്യം എന്താണ് പോയോ ലക്ഷ്യമില്ലേ സിദ്ധാത്മാ അത് അത് പോയിക്കഴിഞ്ഞ പിന്നെ ഈ പറയുന്നതിനൊന്നൊരു കാര്യമില്ല ലക്ഷ്യം എന്തെന്ന് ചോദിച്ചപ്പോൾ അറിയത്തില്ലെങ്കിൽ ചിതാത്മാവാണ് ലക്ഷ്യം ലക്ഷണം എന്താണ് സജാതീയ പ്രകാശ അപ്രകാശ്യത്വം ഇതെവിടെയാ സമുന്നയിക്കേണ്ടത് ചിതാത്മാവ് അതിന് സമാധാനം പറയുന്നു അടുത്ത പേജില് തൃതീയ नहीं। नहीं। स्वयं സജാതീയ പ്രകാശ്ശയം പ്രകാശനക്ഷണവ്യ പ്രതിപാദേ ആദ്യം പ്രകാശപ്രകാശ്യം ഏതാണെന്ന് നോക്കണം പ്രകാശം കൊണ്ട് പ്രകാശിപ്പിക്കപ്പെടുന്നത് എന്താ ഉദാഹരണം പ്രകാശപ്രകാശ്യം എന്താണ് ഘടത്തെ ഘടം എന്ന് പറയുന്നത് പ്രകാശിപ്പി പ്രകാശിപ്പിക്കപ്പെടുന്ന ഒന്നാണ് പ്രകാശ്യം എന്ന് പറയുന്നത് സൂര്യപ്രകാശം കൊണ്ട് പ്രകാശിപ്പിക്കുന്നതാണ് എന്റെ പ്രകാശപ്രകാശ്യം ഇവിടെ എന്താണ് ലക്ഷണം പറഞ്ഞത് പ്രകാശ അപ്രകാശ്യം ഇപ്പൊ ഘടം എന്ന് പറയുന്നത് പ്രകാശ പ്രകാശ്യമാണോ പ്രകാശ അപ്രകാശ്യമാണോ പ്രകാശ്യം അപ്പൊ ഘടത്തിൽ ലക്ഷണം പോവോ പടത്തിൽ പോയാൽ എന്തുവരും എന്താ കുഴപ്പം ദിവ്യാപ്തികാശത്തെ എടുക്കുക ദീപപ്രകാശം പ്രകാശപ്രകാശ്യമാണോ ആണോ ഉറപ്പിച്ചു പറയുന്ന എന്തെങ്കിലും ഒരു അഭിപ്രായം ദീപം പ്രകാശം കൊണ്ട് പ്രകാശിപ്പിക്കാവുന്നതാണോ ണോ അപ്പൊ നിങ്ങൾക്ക് ഒരു വിളക്ക് വെച്ച് വായിക്കണമെങ്കിൽ വേറെ വിളക്കൂടെ വേണം വിളക്ക് കൊണ്ട് വിളക്കിനെ പ്രകാശിപ്പിച്ച ആ പ്രകാശം കൊണ്ടേ വായിക്കാൻ പറ്റും ദീപം പ്രകാശപ്രകാശ്യമാണോന്നാ ചോദ്യം ദീപം പ്രകാശ അപ്രകാശ്യമാണോ ദീപത്തെ പ്രകാശിപ്പിക്കാൻ രണ്ടാമതൊരു പ്രകാശത്തിന്റെ ആവശ്യം സ്വയം പ്രകാശം ഏകാശപ്രകാശം മാത്രമേ ചോദ്യം ഇത്രേ ഉള്ളൂ ചോദ്യം ഡയറക്റ്റ് ആണ് ഉത്തരവും ഡയറക്റ്റ് വെറുതെ ചിന്തിച്ചു കൊളമാക്കിക്കളയ നേരെ ഒരു ചോദ്യം ചോദിച്ച നേരെ ഉത്തരം ദീപം പ്രകാശം കൊണ്ട് ചോദിച്ചാൽ എന്താ ഉത്തരം അല്ല ഇത്രയേ ഉള്ളു സംഗതി സിമ്പിളല്ലേ അതിന് പിന്നെ ഇട്ട് പൊട്ടം ചുറ്റിച്ചു കഴിഞ്ഞാ എന്തെങ്കിലും ഏകാശം എങ്ങനെ ദീപം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ഒരു പ്രകാശം കൊണ്ട് പ്രകാശിപ്പിക്കപ്പെടുന്നതാണോ എന്നാണ് ആ പിന്നെ അതാ ചോദിച്ചു അല്ല ീപം ഒരു പ്രകാശം കൊണ്ട് പ്രകാശിപ്പിക്കപ്പെടുന്ന ഒന്നല്ല പ്രകാശപ്രകാശ്യമാണ് അതെ പ്രകാശപ്രകാശ്യമാണ്പ്രകാശമോ പറയാതെ പോകാശപ്രകാശ്യം പ്രകാശം എന്ന് പറഞ്ഞ എന്റെ അർത്ഥം അതല്ലേ ആദ്യം പറഞ്ഞത് പ്രകാശിപ്പിക്കപ്പെടുന്നത് പ്രകാശത്തിന്റെ വിഷയം അതാദ്യം പറഞ്ഞിട്ടില്ലേ ബാക്കിയെല്ലാം പറയുന്നു പ്രകാശം എന്ന് വെച്ചാൽ പ്രകാശത്തിന്റെ വിഷയം ദീപം ഘടം എന്ന് പറയുന്ന എന്താണെന്ന് ചോദിച്ചു പ്രകാശം കൊണ്ട് പ്രകാശിപ്പിക്കപ്പെടുന്നാണോ ഓക്കെ കുഴപ്പമില്ല ദീപത്തെ എടുക്കുക ദീപം പ്രകാശം കൊണ്ട് പ്രകാശിപ്പിക്കപ്പെടുന്നതാണോ അല്ല ഇപ്പൊ പ്രകാശപ്രകാശം എന്ന് പറഞ്ഞാൽ എവിടെ പോവും ദീപത്തെ പോവും ഇനി ചിതാത്മാവിനെടുക്കുക ചിതാത്മാവ് പ്രകാശം കൊണ്ട് പ്രകാശിപ്പിക്കുന്നതാണോ അല്ല ചിതാത്മാവ് എന്താണ് പ്രകാശ അപ്രകാശ്യമാണ് ചിതാത്മാവിനും ലക്ഷണം സമന്യിക്കും പ്രകാശപ്രകാശ്യം പിന്നെ ഇവിടെ പോവും ദീപത്തിലും പോവും ചിതാത്മാവി പ്രകാശം ലക്ഷണം സമുന്നയിച്ചാൽ എന്താ ദോഷം പ്രകാശപ്രകാശ്യം എന്ന് പറയുന്നത് ചിതാത്മാവിൽ സമന്വയിച്ച എന്താ ദോഷം ഏ ദോഷം ഇല്ല ഇല്ലെങ്കി അത് ഉറച്ച് പറയണ്ടേ ഇത്രയും പതുക്കെ പറയുന്ന എന്തിനാ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും പ്രകാശപ്രകാശ്യം ദീപത്തിൽ പോയാൽ അതിവ്യാപ്തി വരും പ്രകാശപ്രകാശ്യം എന്ന് പറഞ്ഞാലും മതി ലക്ഷണം ചിതാത്മാവിൽ പോവും പക്ഷെ അവിടെ എന്തു ചെയ്യും ദീപത്തിൽ ഇതും പോവും അതുകൊണ്ട് പറഞ്ഞു സജാതീയ പ്രകാശ അപ്രകാശം അങ്ങനെ പറഞ്ഞു സജാതീയം എന്ന് പറഞ്ഞാൽ ഒരേ ജാതിയിലുള്ള പ്രകാശം കൊണ്ട് പ്രകാശിപ്പിക്കാൻ പാടില്ല സമാന ജാതിയിലുള്ള പ്രകാശം കൊണ്ട് പ്രകാശിപ്പിക്കാൻ പാടില്ല ആത്മാത്മാ ചിതാത്മാവിന്റെ എന്ത് ജാതിയായിരിക്കും ചിതാത്മാവിന്റെ ജാതി എന്തായിരിക്കും ചിതാത്മാവിന്റെ എന്തായിരിക്കും ജാതി ഉം നമുക്ക് വേണമെങ്കിൽ ചേർക്കാമല്ലോ ജാതി ഒരിടത്തും വരാൻ പാടില്ല അത് വേറെ കാര്യം ചിതാത്മത്വം ചിതാത്മാപ്രകാശം ആണെങ്കിൽ പ്രകാശത്വം ചിത്പ്രകാശത്വം അങ്ങനെ ചേർത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടാ അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ജാതിക്ക് വേണ്ടി എന്ത് ചെയ്താൽ മതി ചേർത്താമതി ജാതി കിട്ടും പിന്നെ താർക്കികന്മാർക്ക് ജാതി ഉപാധി ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല ചിതാത്മത്വം അപ്പോൾ ഒരു ചിതാത്മാവിനെ എടുക്കുക ആ ചിതാത്മാവിന്റെ ജാതി ചിതാത്മത്വം ഇപ്പൊ സജാതീയമായതെന്തായിരിക്കും സജാതീയമായത് ചിതാത്മത്വം ആവും ചിതാത്മാവ് എന്റെ ജാതി ചിതാത്മത്വം ഇപ്പൊ സജാതിയോ എന്ന് പറയുന്നത് എന്തായിരിക്കും ആ ചിതാത്മത്വമുള്ള വേറൊരു ചിതാത്മാവ് ജാതി മനുഷ്യത്വം ഇപ്പൊ സജാതീയനാരായി മനുഷ്യത്വമുള്ള വേറൊരു മനുഷ്യൻ അപ്പൊ സജാതീയമായ അങ്ങനെയുള്ളൊരു മറ്റൊരു ചിതാത്മാവിനെ കൊണ്ട് പ്രകാശ്യമാണോ ചിതാത്മാവ് അല്ല അദ്ദേഹത്തിലാണെങ്കിൽ ആകെ ഒരു ചിതാത്മാവേ ഉള്ളൂ പിന്നെ എങ്ങനെയാ സജാതീയമായ മറ്റൊരു ചിതാത്മാവിനെ കൊണ്ട് ഈ ചിതാത്മാവ് പ്രകാശം പ്രകാശമാകുന്ന നടക്കുന്ന കാര്യമുണ്ട് അപ്പം ചിതാത്മാവിനെന്ത് വരും സജാതീയമായ പ്രകാശ അപ്രകാശ്യം ചിതാത്മാവ് വരുന്നുണ്ട് ദീപത്തിന് നോക്കുക ദീപത്തിന്റെ ജാതി എന്താണോ ദീപത്വം അപ്പോ ദീപത്തിന്റെ സജാതിയം ഏതാണ് മറ്റൊരു ദീപം അപ്പൊ സജാതീയമായ ഒരു പ്രകാശമായി ദീപപ്രകാശം അതുകൊണ്ട് പ്രകാശ്യമാണോ ദീപം അപ്പൊ എവിടെ പോയി ദീപത്തിൽ വീണ്ടും പോയി സജാതിയപ്രകാശ അപ്രകാശം ദീപത്തിൽ പോയി അതിവ്യാപ്തി ലക്ഷ്യം ലക്ഷ്യത്തിൽ ലക്ഷണം സമന്യിപ്പിച്ച ഓക്കെ അത്രയും ശരിയാണോ ചിതാത്മാവിൽ സജാതീയ പ്രകാശ അപ്രകാശത്വം വന്നു പക്ഷെ അത് കൊല്ലോ പിന്നെ എന്തുവേണം മറ്റെവിടെ എങ്കിലും സമന്വയിപ്പിക്കുന്നു അപ്പൊ ദീപത്തിൽ സമന്വയിച്ചു സജാതീയപ്രകാശ അപ്രകാശ ഘടത്തിന് നോക്കുക ഘടത്തിന്റെ ജാതി എന്താണ് ഘടത്തും അപ്പോ സജാതീയപ്രകാശം ഏതാണ് ഘടത്തിന്റെ സജാതിയം ഏതെന്നല്ല ഞാൻ ചോദിച്ച ഘടത്തിന്റെ സജാതി ഏതാണ് ഘടം തന്നെ സജാതിയ പ്രകാശം ഏതാണ് ഘടത്തിന്റെ സജാതീയ പ്രകാശം ഏതാണോ സജാതിയത്തെ പ്രകാശിപ്പിക്കുന്നതാണ് ഘടത്തിന്റെ സജാതീയ പ്രകാശം ഏതാണോ അറിയത്തില്ല ഏ അറിയത്തിണ്ടെങ്കിൽ വേണ്ട ഘടത്തിന്റെ സജാതീയമായൊരു പ്രകാശം ഉണ്ടോ എന്തുകൊണ്ട് ഘടത്തിന്റെ സജാതീയമായ പ്രകാശം ഇല്ലാത്ത എന്തുകൊണ്ടാണ് ഏ പ്രകാശവും ഘടത്തിന്റെ സജാതീയമായ പ്രകാശം എന്തുകൊണ്ടില്ല ഉത്തരം വളരെ സിമ്പിളാണ് ഘടത്തിന്റെ ആ അത് തന്നെ ഘടത്തിന്റെ എന്ന് പറയുന്നത് നമ്മൾ ഘടത്തിന്റെ ജാതിയായി ഘടത്തയെടുത്തു ഘടത്വത്തെടുത്തപ്പോൾ ഘടത്തിന്റെ സജാതിയുമായത് മറ്റൊരു ഘടം അത് പ്രകാശം മനസിലാക്കത്തില്ലേ ഘടത്തിന്റെ ജാതിയായിട്ട് നമ്മൾ എന്തിനാ എടുത്തു ഘടത്വം ആ ഘടത്വം ആയതുകൊണ്ട് ഘടത്തിന്റെ സജാതി എന്തായി മറ്റൊരു ഘടം അത് പ്രകാശമാണോ ഘടം ഒരിക്കലും പ്രകാശം സജാതീയ പ്രകാശം എന്നു പറയുന്നൊരു പ്രകാശമേ ഇല്ല ഉണ്ടാ ഘടത്തെ എടുത്തുകഴിഞ്ഞാൽ സജാതീയ പ്രകാശം എന്ന് പറയുന്നൊരു പ്രകാശമില്ല ഇല്ല അതങ്ങനെ ഇരുന്നോട്ടേ ഇല്ല അങ്ങനെയുള്ളൊരു പ്രകാശം കൊണ്ട് പ്രകാശ്യമാണോ ഘടം ഏ ഉറപ്പിച്ച് പറയണം സജാതീയമായ പ്രകാശം കൊണ്ട് ഘടം പ്രകാശ്യമാണോ സംശയമുള്ളതുപോലെ ഇല്ലെങ്കിൽ ഘടമെന്തായി സജാതീയ പ്രകാശ അപ്രകാശ്യമായി ആയോ ഇല്ലെന്നോ പോയി നിങ്ങൾ തന്നെ പറഞ്ഞത് എന്നെ അവിടെ കൊണ്ടെത്തിച്ചിട്ട് നിങ്ങൾ പിന്മാറി ഞാൻ അവിടെ ആയിപ്പോയി അതായത് ഘടത്തെ എടുക്കുന്നു ഘടത്തിന്റെ ജാതി എന്താണ് ഘടത്ത് സജാാതീയെന്താണ് വേറെ ഘടം അത് പ്രകാശമാണോ അപ്പോ സജാതീയ പ്രകാശം ഘടത്തെ സംബന്ധിച്ചിടക്കുന്നുണ്ട് ഘടത്തിന്റെ സജാതീയമായൊരു പ്രകാശമുണ്ടോ ആ പ്രകാശം കൊണ്ട് പ്രകാശിപ്പിക്കാമോ ഘടത്തിന് അപ്പോ ഘടമെന്തായി സജാതീയ പ്രകാശപ്രകാശമായി വളരെ സിമ്പിളല്ലേ ഏജാതിയോ ഏഹ് ഇല്ലാത്തോണ്ട് സജാതീയമായൊരു പ്രകാശം ഇല്ലാത്തത് കൊണ്ട് ആ പ്രകാശം കൊണ്ട് ഘടത്തെ പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല എന്നാ പറയുന്നു മനസിലായോ അങ്ങനെ ഒരു പ്രകാശമേ ഇല്ല കടത്തെ സംബന്ധിച്ച് സജാതീയമായൊരു പ്രകാശം ഇല്ല ഇല്ലാത്ത കൊണ്ട് ആ പ്രകാശത്തെ കൊണ്ട് കടത്തെ പ്രകാശിപ്പിക്കാൻ ഇല്ലാത്ത ഒന്നിനെ കൊണ്ട് പ്രകാശിപ്പിക്കാൻ പറ്റുമോ ഏതെന്ന് എവിടെ പോയി നമ്മളെന്ത് പറയുന്നു നമ്മൾ പറയുന്നത് എന്താണോ സജാതീയ പ്രകാശ അപ്രകാശ്യമാണ് സജാതീയ പ്രകാശം എന്ന് പറയുന്ന ഘടത്തെ സംബന്ധിച്ച് ഘടത്തിന് സജാതീയങ്ങൾ ഒരു ഉണ്ട് ഒരുപാട് ഘടങ്ങളുണ്ട് പക്ഷെ സജാതീയമായൊരു പ്രകാശം ഇല്ല അങ്ങനെ ഒരു പ്രകാശം ഇല്ലാത്തുകൊണ്ട് ആ പ്രകാശം കൊണ്ട് പ്രകാശമല്ല ഘടം അതുകൊണ്ട് ഘടമെന്തായി സജാതീയ പ്രകാശ പ്രകാശം ഇത് സിമ്പിളല്ലേ സിമ്പിളായി മനസ്സിലാക്കേണ്ടതിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് വേർത്ത് ചിന്തിക്കരുത് എന്നാൽ പോയി സിമ്പിളായി മനസ്സിലാക്കേണ്ടത് സിമ്പിളായി തന്നെ മനസ്സിലാക്കും അതിന്റെ മറുവശം എന്താണെന്ന് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ അതും മനസ്സിലാവും ഇത് സിമ്പിളാണ് കാര്യം ഘടകജാതിയോ എന്ന് പറയുന്നത് മറ്റു ഘടം ഘടകജാതിയുമായ എന്നുവെച്ചാൽ ഘടത്തു ജാതിയുള്ളൊരു പ്രകാശം ഇല്ല ഘടത്തു ജാതി ഘടത്തിലേ ഉള്ളൂ അത് പ്രകാശമല്ല അപ്പം അങ്ങനെയുള്ളൊരു പ്രകാശം കൊണ്ട് ഘടത്തെ പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല അപ്പൊ ഘടകം എന്ന് പറയുന്നത് ഘടക പ്രകാശ അപ്രകാശ്യമായി അപ്പൊ ഘടത്തിലെന്ത് ലക്ഷണം പോയി സജാതിയ പ്രകാശ അപ്രകാശ്യം ഘടത്തിൽ പോയി പിന്നെ എവിടെ പോയി ഏ ദീപത്തിലും പോയി അപ്പൊ ഇവിടെ മൂന്നാമത്തെ ലക്ഷണം വലിയ കാര്യത്തിൽ പറഞ്ഞാണ് സജാതീയ പ്രകാശ അപ്രകാശം എന്ന് പറഞ്ഞു പക്ഷെ അതിന് ദീപത്തിലും പോയി കടത്തിലും പോയി ഇനി സജാതീയപ്രകാശ അപ്രകാശ്യം എന്ന് പറയുന്ന എന്തിന്റെ സ്വയംപ്രകാശമായ ചിതാത്മാവിന്റെ ലക്ഷണമാണ് ഇപ്പോ ഗോവിന് ലക്ഷണം പറയുന്നു എന്താണോ ശാസനാധിമത്വം ലക്ഷണം പോയി ഓന്തിരെ പോയി അതിനുമുണ്ട് ശാസനം അപ്പൊ നിങ്ങൾ എന്തു പറയും അതിവ്യാപ്തി എന്ന് പറയാം അല്ലേ വേറെ രീതിയിലും പറയാം എന്താണ് വേറെ രീതിയിലും പറയാം എന്തു പറയുന്നറിയാം നിങ്ങൾ ഓന്തിനെ പശുവാക്കി എന്ന് പറയാം പറഞ്ഞോട്ടെ നിങ്ങൾ ഓന്തിനേയും പശുവാക്കി എന്തുകൊണ്ട് പശുവിന്റെ ലക്ഷണം പറഞ്ഞത് ആടെ ഉള്ളതാണ് ആടെ ഉള്ളത് ഓന്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫലത്തിൽ എന്താക്കി ഓന്തിനെ പശുവാക്കി അതുപോലെ നിങ്ങൾ സ്വയം പ്രകാശമുള്ള ചിതാത്മാവിന്റെ ലക്ഷണം പറഞ്ഞു ലക്ഷണം അവിടെ പോയി പ്രതിപത്തിനും പോയി ഘടത്തിനും പോയി അപ്പോൾ നിങ്ങൾ എന്തു ചെയ്തു പ്രതിപത്തെയും കടത്തെയും സ്വയം പ്രകാശമാക്കി അതിവ്യാപ്തി എന്ന് പറയുന്നതിന് വേറെ ഇങ്ങനെ പറഞ്ഞാലും മതി ഓർത്ത് വച്ചാൽ മതി ഓന്ദിനെ പശുവാക്കുന്ന വിദ്യ ഓന്ദിനെ പശുവാക്കുന്നതിനാണെന്ന് പറയുന്നത് അതിവ്യാപ്തി അങ്ങനെയും പറയാം പലതരത്തിൽ പറയും ഈ രീതിയിലും പറയും ഞാൻ പറയുന്ന സമയത്ത് പറയുന്ന കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം മനസ്സിലായിട്ട് ചിന്തിക്കാവും മനസ്സിലാക്കേണ്ട സമയത്ത് നിങ്ങൾ ചിന്തിക്കരുത് ഇത് ഇക്കാര്യത്തിന് വളരെ നിർബന്ധമുള്ള കാര്യമാണ് ഞാൻ ഒരു കാര്യം നേരത്തെ തന്നെ അംഗീകരിച്ചു തരാം നിങ്ങൾക്ക് എന്നെക്കാളും ബുദ്ധി സാമർഥ്യമുണ്ട് അത് അംഗീകരിച്ചു തരാം പക്ഷെ അതിവിടെ ഇപ്പം പ്രദർശിപ്പിക്കണ്ട ഈ പറയുന്ന സമയത്ത് പ്രദർശിപ്പിക്കണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്നെ ഒന്ന് വീറ്റാക്കിക്കളു ഏത് ഞാൻ ഇത്രയും പറയും എൻ്റെ മറുവശം പറഞ്ഞൊന്ന് അടിച്ചു താഴെ ഇടാമെന്ന് വിചാരിക്കും സൗകര്യവും സമയമൊക്കെ തരാം പക്ഷെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം ഈ പറയുന്ന മാത്രം കേൾക്കണം മറുവശത്തുകൂടി പോയി പിറക്ക കൂടെ കാല് വരാൻ നോക്കണം അപ്പതു തന്നെ കാരണം അത് ഞാൻ പറയാൻ കാരണം ഞാനീ പറയുമ്പം ചില ഉടനെ മറുവശം ചെല്ലിക്ക് ഇതിനെന്തെങ്കിലും ഒരു മറുകരുതി കണ്ടു കഴിഞ്ഞാൽ തൽക്കാലം നമ്മുടെ നമുക്കൊരു ജയമാകുമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റുന്നത് നിങ്ങൾ ജയിക്കുന്നതിൽ എനിക്ക് യാതൊരു അസൂചയമില്ല പക്ഷെ പറ്റുന്ന ഈ പറയുന്ന മനസ്സിലാകുമോ അങ്ങനെ ഒരു കുഴപ്പം വരും അതുകൊണ്ടിത് എപ്പോഴും ഇത് മനസ്സിയിരിക്കണം പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പറയുന്ന അതുപോലെ തന്നെ പിന്തുടർന്ന് മനസ്സിലാകും മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ചോദിക്കുക കുഴപ്പമൊന്നും എനിക്കറിയാമെങ്കിൽ പറയും എന്നെ ഞാൻ പറയും ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാമെന്ന് പറയും അതിന് എനിക്ക് പ്രയാസമൊന്നുമില്ല പക്ഷെ പറയുമ്പോൾ അത് ശ്രദ്ധിച്ചത് മനസ്സിലാക്കണം അപ്പോൾ ഇന്നിവിടെ എഴുതിയിരിക്കും നോക്കുക എന്നാ തൃതീയ ഹ പ്രദീപദേ സജാ അപ്രകാശ് അസ്വയം പ്രകാശ് ലക്ഷണ അതിവ്യപ് വ്യക്തമായ എന്താണ് പറയുന്നു പ്രദീപാദികൾ സജാതിയ പ്രകാശ അപ്രകാശ്യ പ്രദീപും സജാതീയ പ്രകാശ പ്രകാശം ഇപ്പൊ പ്രദീപത്തേട് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ കൊളുത്തുന്ന ദീപം സൂര്യനെടുക്കാം അല്ലേ എവിടെയൊക്കെ പ്രകാശം കാണുന്നു അതിനെയൊക്കെ എടുക്കാം അങ്ങനെ പ്രദീപാദി എന്ന് പറഞ്ഞു സജാതിയ പ്രകാശ അപ്രകാശ്യ പക്ഷെ അസ്വയം പ്രകാശത്തിന് സ്വയംപ്രകാശമാണോ പ്രതിപാദികൾ സ്വയം പ്രകാശമാണ് അതെപ്പോഴും ഓർക്കണം സ്വയംപ്രകാശം ഒന്നേ ഉള്ളൂ എന്താണ് സുപ്രകാശിതാത്മനെ സ്വയംപ്രകാശ്യപ്തഹേ ലക്ഷണത്തിന്റെ അതിവ്യാപ്തി വരുന്നു എവിടെ ലക്ഷണസ്യ അതിവ്യാപ്തഹ ഏതിനോട് അന്വയിക്കും പ്രദീപാദേഹേ ഏത് ഭക്തിയാണ് പ്രദീപാദികളിൽ എന്ന് പറഞ്ഞു അതിവ്യാപ്തി ദോഷം വരുന്നു അതിവ്യാപ്തേഹേ ന്വയിക്കും അതിവ്യാപ്തേ ഹെ ഏതിനോട് അന്വയിക്കും ഇത് ഏതിനോട് അന്വേഷിക്കുന്ന യോസ് ലക്ഷണ അതിവ്യാപ്തേഹതൃതീയ ന തൃതീയെന്ന് പറയുന്നതിന് ഹേത് പറയണം എന്തുകൊണ്ട് മൂന്നാമത്തത് ലക്ഷണമല്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് അതിന് ഹേത് പറയണം അതിവ്യാപ്തേഹേ ഇങ്ങനെ ഓരോന്നടത്തും ഒരു സ്ഥലത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും മനസ്സിലാക്കുക എളുപ്പമായിരിക്കും ഞാ തൃതീയ ി ഒരു ദോഷം കൂടെ പറയുന്നു പ്രതിവാദികളിൽ അതിവ്യാപ്തി ഉണ്ടാകുന്നു പിന്നെ ഘടാതിരവി സജാതിയ പ്രകാശപ്രകാശ സ്വപ്രകാശത്വപ്രസംഗ പറഞ്ഞ കാര്യം തന്നെ ഘടാദികളും എന്താണ് സജാതീയപ്രകാശ അപ്രകാശ്യമാണ് ആണല്ലോ ഘടകം എന്ന് പറയുന്നത് സജാതീയ പ്രകാശ പ്രകാശമാണ് നേരത്തെ പറഞ്ഞത് ഘടത്തിന്റെ സജാതീയമായ ഘടങ്ങൾ ഘടത്തിന്റെ സജാതീയമായ പ്രകാശം എന്ന് പറയുന്ന ഒന്നില്ല ഘടത്തിന്റെ സജാതീയ പ്രകാശ പ്രകാശ്യം അല്ല ഘടം അതുകൊണ്ട് ഘടത്തിനെന്ത് വരുന്നു ഘട സജാതീയ പ്രകാശ അപ്രകാശ്യത്വം വരുന്നു നേരത്തെ പറഞ്ഞത് ഘടാതീരവി അതായത് ദോഷം പറയുന്ന ആണ് സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോലെ തന്നെയാണ് സാധാരണ നമ്മുടെ സ്വഭാവം തന്നെ ഒരുത്തിന് ദോഷം പറയണമെന്ന് വിചാരിച്ചാൽ എങ്ങനെയും ഒരു ദോഷം കണ്ടുപിടിക്കും ചെറിയ ദോഷമാണെങ്കിലും അതിനെ വലുതാക്കും എന്നിട്ട് അതുതന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും ദോഷം പറയുന്നതിനെ സംബന്ധിച്ച് ആനന്ദം അതുതന്നെയാണ് ഇവിടെ പൂർവക്ഷിയും ചെയ്യുന്നത് ഒരു ദോഷം പറയാൻ വേണ്ടിയിട്ട് വളച്ച് തിരിച്ച് പറഞ്ഞു എന്താണ് ഘടത്തിന്റെ സജാതി ഘടമാണ് ഘടത്തിന്റെ സജാതീയമായ പ്രകാശം ഒന്നും പ്രകാശമില്ല അതുകൊണ്ട് ഘടത്തിന്റെ സജാതീയ പ്രകാശ പ്രകാശ്യം എന്ന് പറയുന്നത് അല്ല ഘടം അതുകൊണ്ട് ഘടത്തിന്റെ സജാതീയ പ്രകാശ അപ്രകാശ്യത്തും ഘടത്തിൽ വന്നെന്ന് പറഞ്ഞു അല്ലേ കഷ്ടപ്പെട്ടല്ലേ പറഞ്ഞത് പറയുന്നാണിത്ര ദോഷം പറയുക നമ്മുടെ അതേ സ്വഭാവത്തിൽ അങ്ങനെ പറഞ്ഞു അപ്പം ഇവിടെ എന്ത് പറ്റുന്നു അതിവ്യാപ്തി എന്ന് പറയുന്നതിനെന്ത് പറഞ്ഞു നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഘടവും സ്വയംപ്രകാശവും പ്രകാശ അപ്രകാശ്യ സ്വയം പ്രകാശത്വപ്രസംഗ സ്വയം പ്രകാശത്വപ്രസംഗമെന്ന് പറഞ്ഞാൽ അതീക പ്രസംഗമാണെന്ന് പറഞ്ഞു എൻ്റെ പ്രസക്തി വരുന്നെന്ന് വെച്ചാൽ എന്താ എന്റെ അർത്ഥം അത് സ്വയംപ്രകാശമല്ല സ്വയംപ്രകാശമാണ് പണം സ്വയം പ്രകാശം അല്ലാത്തതിനാൽ നിങ്ങൾ സ്വയം പ്രകാശം എന്ന് പറഞ്ഞാൽ അതൊരധിക പ്രസംഗമാണ് എന്നു പറഞ്ഞാൽ അതിവ്യാപ്തി വരുന്നർത്ഥം കണ്ടെത്തി രവി സജാതികാശ്രകാശ സ്വപ്രകാശ പ്രസംഗം അച്ഛാനന്ദിന് പറഞ്ഞു അതിനോട് അന്വേഷിക്കും അതിനോട് ലക്ഷണേന്ന് നേരത്തെ പറഞ്ഞതും സ്വപ്രകാശവും രണ്ടു ദോഷങ്ങൾ രണ്ടിനെയും കൂടെ സമന്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞത് ചണിവ്യാപ്തേഹേ സ്വപ്രകാശം വരാൻ പാടില്ല എന്ന് വരും സജാതീയ പ്രകാശ അപ്രകാശ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാ രണ്ട് സ്ഥലത്ത് ദോഷം വരുന്നു ഇവിടെയൊക്കെ പ്രദീപത്തിനും ദോഷം വരുന്നു കടത്തിനും ദോഷം വരുന്നു അപ്പൊ സിദ്ധാന്തിയാണ് മൂന്നാമതൊരു ലക്ഷണം പറഞ്ഞു നോക്കിയത് രണ്ട് ലക്ഷണത്തിലും ദോഷം പറഞ്ഞുതോന്നു അതിനൊരു ദോഷം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു വഴിയാ ഉള്ളത് സിദ്ധാന്തിയുടെ മുമ്പിൽ പിന്നെ രണ്ട് വഴിയേ ഉള്ളൂ ഒന്നെന്താണ് ആദ്യം ശ്രമിക്കേണ്ട ദോഷത്തെ പരിഹരിക്കാൻ ശ്രമിക്കുക അ നടന്നില്ലെങ്കിൽ അടുത്തൊരു ലക്ഷണം പറയുക പോട്ടെ വീണ്ടും ഒന്നേന്ന് ആ ലക്ഷണവും പോട്ടെ പക്ഷെ ഏതെങ്കിലും തരത്തിൽ ആ ദോഷത്തെ പരിഹരിക്കാൻ പറ്റിയാൽ ആ പരിഹരിക്കാൻ തോന്നും പറ്റിയില്ലെങ്കിൽ അടുത്തൊരു ലക്ഷണമുണ്ട് ഇവിടെ ഇതാരാണ് ഈ ലക്ഷണങ്ങളൊക്കെ പറയുന്നത് സിദ്ധാന്തി സിദ്ധാന്തി വീണ്ടും എന്തു ചെയ്യുന്നു ആ ദോഷത്തെ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് ഒന്നുകൂടി ആ ഉദ്യമവും പരാജയപ്പെടുകയാണെങ്കിൽ എന്തു ചെയ്യും അടുത്ത് പുതിയൊരു ലക്ഷണം പറയും ലക്ഷണം എത്രയുണ്ട് എന്നാ പിന്നെ ഈ അവസാനം പറയാൻ പോകുന്ന ലക്ഷണം ആദ്യം അങ്ങ് പറഞ്ഞാൽ പോരേന്ന് നിങ്ങൾ ചിന്തിക്കും ഒന്ന് രണ്ട് മൂന്ന് എന്തു എന്തിനാ പറയുന്നത് ആദ്യം എന്താണോ അങ്ങടെ വാസ്തവ ലക്ഷണം അത് ഡയറക്റ്റ് അങ്ങ് പറയുക എന്താണ് അന്ന് പറഞ്ഞപ്പോരൂക്ഷേ പറഞ്ഞാൽ അതായത് ഇങ്ങനെ ഓരോ ലക്ഷണവും പറയുമ്പോഴാണ് ചിന്തിക്കുന്നത് ഈ ശരിയായ ലക്ഷണം മനസിലാക്കണമെങ്കിൽ എന്ത് വേണം ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അവിടെ എത്തിച്ചേർന്നു അല്ല ഒറ്റയടിക്ക് ശരി പറഞ്ഞു കഴിഞ്ഞാ മനസ്സിലാക്കട്ടെ മനസ്സിലാക്കാൻ പ്രയാസം വരും എന്തൊക്കെ ദോഷങ്ങൾ വരുന്നു എന്തൊക്കെ ദോഷങ്ങൾ പരിഹരിച്ചു അതൊന്ന് പിന്നെ മറ്റൊന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വാദം നടക്കുന്നിടത്ത് ചോദിക്കണം എന്താണ് സുപ്രകാശം ചോദിക്കുന്നു അപ്പോ സുച്ഛ സുപ്രകാശത്ത് സുപ്രകാശ സുച്കാശ ഇപ്രകാശ പ്രകാശിംബ ഇങ്ങനെ തുടത്തൊരുടെ ഒരു അഞ്ച് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏവനും ഇന്നൊരക്ഷരം ഉണ്ടാൻ പറ്റത്തില്ല ഒരക്ഷരം പിന്നെ പറയും ശരി നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് കാരണം ഇത് ഓരോന്നോരോന്ന് മനസ്സിലാക്കി വരണ്ടേ ഓരോന്നോരോന്നും മനസ്സിലാക്കി വരണ്ടേ അത് സാധാരണഗതി ഒരാൾക്ക് ഇതിലെന്താ ഗുണം എന്താ ദോഷമെന്ന് മനസ്സിലാക്കി വരാൻ തന്നെ പ്രയാസം ഓരോന്ന് കേൾക്കുമ്പോഴും ശരിയാണെന്ന് സ്വച്ഛ സ്വപ്രകാശ സ്വപ്രകാശ ശരിയെന്നല്ലേ തോന്നുന്നു സ്വച്ഛ സ്വയമേ പ്രകാശം അത് ശരിയാണ് സ്വജാതീയപ്രകാശ അപ്രകാശ്യത്വം അത് ശരിയാണ് ഇങ്ങനെ കേൾക്കുന്ന ആളിന് ചിന്തിച്ചു കൂടെ എത്താൻ കഴിയാതെ വരും എന്തു ചെയ്യുന്നു നിഗ്രഹസ്ഥാനത്തി അനനുഭാഷണം ഒന്നും പറയാൻ പറ്റാതെ വരിക അപ്രതിഭ പല ദോഷങ്ങളൊന്നും അതൊക്കെ പറയാൻ പറ്റില്ല എന്താണെന്നൊന്നും ആരോപിച്ച് ചിന്തിച്ചതൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് എന്തെങ്കിലും ഇതിനാണ് വികല്പങ്ങളെന്ന് പറഞ്ഞത് വികല്പം പൊതുവ് പറയുന്ന പേരാണ് വികല്പം അപ്പം അങ്ങനെ ഒരു വാദപ്രവാദത്തിൽ ഇടപെടുമ്പോൾ ഒരു പത്ത് വികൽപ്പം അങ്ങോട്ട് പറയുക ഇതിലേതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഇത് ചോദിച്ചാൽ തീർന്നു വെടി അവന് ഇതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇത്രയൊന്നും ചിന്തിച്ചിട്ടില്ല അപ്പോൾ വിചാരിക്കും ഇയാൾ എന്നെക്കാൾ കൂടുതൽ ചിന്തിച്ചിരിക്കുകയാണ് ഇയാൾ സംസാരിക്കുമ്പോഴത്തൊരു കാര്യമില്ല ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചല്ല വദപ്രതിവാദത്തിന് വന്നത് അതുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും ഭംഗി അങ്ങനെ അവസാനിപ്പിക്കും